ആണോ പെണ്ണോ ആരായാലും വിശ്വസിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായും നാം ഉത്തമമായ ജീവിതം നൽകുന്നതാണ് അവർ പ്രവർത്തിച്ചതിൽ ഏറ്റവും നല്ല പ്രതിഫലം നാം അവർക്ക് തീർച്ചയായും നൽകുകയും ചെയ്യും